അവരിലെ ഒരു വിഭാഗം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം യാത്രീബ് നിവാസികളെ നിങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ അവരിലെ ഒരു സംഘം മുഹമ്മദ് നബിസല്ലാഹു അലഹി വസല്ലത്തിന്റെ അനുവാദം ചോദിച്ചു ഞങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ല എന്നവർ പറഞ്ഞു എന്നാൽ അവ സുരക്ഷിതമായിരുന്നു അവർ ഓടിപ്പോകാൻ മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ